അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ തങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ കാരണം തളരുകയോ ദുർബലരാവുകയോ കീഴടങ്ങുകയോ ചെയ്യാത്ത ഒട്ടനവധി വിശ്വാസികളായ സൈനികർ ഒട്ടനവധി പ്രവാചകന്മാരുടെ കൂടെ യുദ്ധം ചെയ്തിട്ടുണ്ട് ക്ഷമിക്കുന്നവരെ അള്ളാഹു സുഹാനുഭൂവത്തായ ഇഷ്ടപ്പെടുന്നു